എന്തിനെ ധ്യാനിക്കും എന്തിനെയാണ് ധ്യാനിക്കേണ്ടത് ധ്യാനം ചെയ്യുമ്പോ ധ്യാനം ചെയ്യുന്ന പൊരുൾ ധ്യാനിക്കാൻ ആസ്പദമായുള്ള ആശ്രയസ്ഥാനം പൂർണ്ണമായിരിക്കണം അതിലൊരു കുറവ് ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളതിനെ ധ്യാനിച്ചാലേ നമുക്ക് കുറവൊക്കെ നീന്ന് കിട്ടുള്ളൂ അല്ലേ അങ്ങനെ ഒരു ആശ്രയസ്ഥാനത്തിനെ കണ്ടെത്തിയിട്ട് വേണം മനസ്സിനെ അവിടെ നിർത്താൻ ഭക്തിമാർഗത്തിൽ ആ പ്രശ്നം ചോദ്യം ഒന്നും ഉദിക്കണില്ല അപ്പോ നമുക്ക് ഭഗവാനുണ്ട് ഭഗവാനെ നമ്മൾ ഒരു രൂപത്തിൽ വെച്ച് ധ്യാനിക്കണം അതോടെ കഴിഞ്ഞു കാര്യം പക്ഷെ നമ്മള് വിചാരത്തിലേക്ക് വരുമ്പോ വളരെ ആഴ്ന്നു വിശകലനം ചെയ്യുമ്പോൾ ാസ്പദമായിട്ടുള്ള സ്വരൂപം എന്താണ് ഏതൊന്നിൽ കളങ്കമില്ലയോ ഏതൊന്നിൽ ജന്മ മൃത്യു ജരാ വ്യാധി മുതലായ ദോഷങ്ങളൊന്നും ഇല്ലയോ ഏതൊന്ന് ഒരിക്കലും പോവില്ലയോ വരില്ലയോ ഏതൊന്ന് പൂർണമാണോ സ്വയം പൂർണമാണോ ഏതൊന്നിനെ ധ്യാനിച്ചാൽ പൂർണ്ണത നമുക്ക് വരുമോ ഏതൊന്നുകൊണ്ട് നമ്മൾ കൃതകൃത്യരാവോ ോ നമുക്ക് അന്തരാരാമ തോതിരേവ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂത്തോധി ഗതി അഞ്ചാമത്തെ അധ്യായത്തിലെ ശ്ലോകം അവസാനം വരുന്ന ശ്ലോകാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ആരാണോ ഉള്ളില് സുഖം കണ്ടെത്തിയവൻ അന്തസ്സുഖ ഉള്ളിൽ തന്നെ രമിക്കുക വിശ്രാമസ്ഥാനം കണ്ടെത്തിയെന്ന് വെച്ചാൽ പോയി എത്തിക്കഴിഞ്ഞു എന്ന് പറയില്ലേ അല്ലേ വേദമന്ത്രാണത് സാധാരണ ഉള്ളവെച്ചോല ഹു സാമഗാനാണെന്നാണത് സാമഗായ ുഹാ വുഹാവു സാമഗാനം മുഴുവൻ ഹാവു ആണ് ഹാ വുഹാവുഹടെ വരുമ്പോ കഴിഞ്ഞു എന്നാണ് വിശ്രാന്തി കുട്ടികൾക്ക് മാർച്ച് മാസം മുപ്പതാകുമ്പോ ഒരു സുഖം സ്കൂള് പൂട്ടി എന്നാണ് എല്ലാ ജോലി തിരക്കുള്ളവർക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ആവുമ്പോൾ ഞായറാഴ്ച വരുമ്പോ ഒരു സുഖം ഹോളിഡേ അല്ലേ ഹോളി റിലാക്സേഷൻ റിലീഫാണ് കർമ്മത്തിൽ നിന്ന് വിശ്രാന്തി ആ ഒരു സുഖം നിത്യനിരന്തരം ഉണ്ടാവുന്നതാണ് അന്തരാരാമഹെന്ന് പറഞ്ഞത് അതായത് അയാൾക്ക് എപ്പോഴും ഹോളിഡേ ആണ് എന്നുവെച്ചാൽ മടിയല്ല എപ്പോഴും തനിക്കൊന്നും ഇവിടെ ചെയ്യാനില്ല എന്നുള്ളൊരു സ്ഥിതി വിശ്രാന്തി സുഖം സുഖ അന്തരാരാമ തഥാ അന്തർജ്യോതി എന്നുവെച്ചാൽ തൻ്റെ അറിവിന്റെ ഉറവിടം തനിക്ക് അറിയാൻ വേണ്ടിയുള്ള ജിജ്ഞാസ മുഴുവൻ തൻ്റെ ഉള്ളിൽ തന്നെ ശമിച്ചു ശ്രിതമായി ഡൈജസ്റ്റായി ഇനി പുറത്തൊന്നും അറിയാനില്ല എല്ലാ അറിവിൻ്റെയും ബേസിക് മെറ്റീരിയൽ അയാളുടെ ഉള്ളിലുണ്ട് ഇന്നിപ്പോൾ സയൻസ് പറയണത് എല്ലാത്തിനെയും കുറച്ച് എലമെന്റ്സ് ആക്കി മാറ്റി ആ എലമെന്റ്സിനെയൊക്കെ ബേസിക് മെറ്റീരിയൽ ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിൽ ബാക്കി എല്ലാ വസ്തുക്കളും ഉണ്ടാക്കാം അങ്ങനെ ഒന്ന് പറ്റുമോ എന്നാണ് നോക്കണത് ഇപ്പോൾ ആ എല്ലാത്തിന്റെയും ബേസിക് മെറ്റീരിയൽ അയാൾ ഉള്ളിൽ കണ്ടു കഴിഞ്ഞു അതിനാണ് അന്തർജ്യോതിഹിന്ന് പറഞ്ഞത് അതായത് എല്ലാ അറിവിന്റെയും ഉറവിടം മൂലമായ അറിവ് അയാളിൽ ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെയുള്ള യോഗി സ യോഗി അവനെയാണ് യോഗി എന്ന് പറയണത് ബ്രഹ്മനിർവാണധിക അവൻ ബ്രഹ്മനിർവാണത്തിനെ പ്രാപിക്കും നിർവണം എന്ന് വെച്ചാൽ നിർവൃത്തി എന്നുള്ള പദത്തിന് അർത്ഥം നമ്മള് മലയാളത്തിലൊക്കെ നിർവൃത്തി എന്ന് പറയും ഏതൊന്ന് പൂർണമായിട്ടും നമ്മളെ തൃപ്തമാക്കണോ ഒന്നും ഒരാഗ്രഹവും ബാക്കിയില്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോ ചിലപ്പോ ചില മൊമെന്റ്സിൽ ക്ഷണത്തിനൊരു പൂർണ്ണത തോന്നും നമുക്ക് ആ സമാധാനായി ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ കുറച്ച് സെക്കൻഡ്സിന് ഹപ്പാന്ന് തോന്നൽ തോന്നും ആ ഒരു കംപ്ലീഷൻ കുറച്ച് നേരത്തേക്ക് ഇരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പോവും അത് ജീവിതം മുഴുവൻ തുടർന്ന് നിൽക്കുക അബ്സൊലൂട്ട് ഫുൾഫിൽമെന്റ് അയാള് കൃത അയാൾക്ക് ഇനി ഒന്നും അയാളുടേതായിട്ട് ഒന്നും ചെയ്യാനോ നേടിയെടുക്കാനും അതാണ് ബ്രഹ്മനിർവാണമെന്ന് പറഞ്ഞു നിർവ നിർവൃത്തനായി അതെങ്ങനെ നേടി എന്ന് വെച്ചാൽ ബ്രഹ്മഭൂത്തോ അധികച്ചതി സ്വയം അതായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് നേടി എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഒരു ദൃഷ്ടാന്തം കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫിലോസഫി ആയിട്ട് നിൽക്കും ഫിലോസഫിക്കും വേദാന്തത്തിനും എന്താ വ്യത്യാസം വേദാന്തം ഫിലോസഫി അല്ല ഫിലോസഫി വേദാന്തമാവൂല ഫിലോസഫി തത്വദർശനം എന്നൊക്കെ പറയണത് നമുക്ക് അനുഭവം ഇല്ലാത്തതും നമ്മളിൽ ഇപ്പൊ ഇല്ലാത്തതും കേവലം ബുദ്ധിവ്യാപാരം കൊണ്ട് മാത്രം നമ്മൾ അറിയുന്നതുമായ ഒരു കാര്യത്തിനെയാണ് ഫിലോസഫി എന്ന് പറയുന്നത് അത് വേദാന്താവില്ല ഇപ്പൊ ഞാൻ പറഞ്ഞു ഉള്ളില് സുഖം എന്ന് പറഞ്ഞു ഉള്ളില് തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞു ഉള്ളില് തന്നെ സകലത്തിന്റെയും ഉറവിടമായിട്ടുള്ള ഒരു പ്രകാശമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അറിവെന്ന് പറഞ്ഞു ഈ മൂന്നും നമ്മളിൽ ഉണ്ടോ ഉം ഉണ്ടോ പറയൂ ഈ മൂന്നും നമ്മളിൽ ഉണ്ടോ ഉം ഉം ഈ മൂന്നും നമ്മൾ ഇല്ലെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിൽ ഒരിക്കലും നേടാൻ പറ്റില്ല എന്തുത്തതാണോ അത് വന്നു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഇല്ലാതാവും അതുകൊണ്ട് നിത്യമായിട്ട് നിൽക്കില്ല കാരണം ഇപ്പം ഇല്ലല്ലോ അപ്പൊ അത് ടൈം അതിന് ഇല്ലാത്തൊരു ടൈം ഉണ്ടായിരുന്നതുകൊണ്ട് ഇല്ലാത്ത ടൈം ഇനിയും വരും ആദിയിൽ ഏതൊന്നും ഇല്ലയോ അന്തത്തിൽ അതില്ലാതാവും മധ്യത്തിൽ കാണപ്പെട്ടാലും വാസ്തവമല്ല ഇതൊക്കെയാണ് നിയമം അപ്പോ നമുക്കിപ്പോ അത് ഉണ്ടോന്നാണ് രമിക്കൽ ഉള്ളില് അതിനെ കുറിച്ചുള്ള അറിവ് ഈ മൂന്നും നമ്മളിൽ ഉണ്ട് വളരെ ആശ്ചര്യമായ ഒരു അനാവരണമാണ് ചെയ്യാൻ പോണത് നമ്മൾ എപ്പോഴും കേൾക്കണതാണ് എന്നാലും കേൾക്കുക നമ്മളിൽ ഈ മൂന്നും അതായത് പൂർണ്ണ സംതൃപ്തി ആ സുഖത്തിനോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല അങ്ങനൊരു സുഖം ആ സുഖത്തിൻ്റെ വിലയെക്കുറിച്ചുള്ള അറിവ് അത് അബ്സലൂട്ടായിട്ട് അതായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് അതിനെ അനുഭവിക്കൽ ഈ മൂന്നും നമ്മളിൽ എവിടെന്ന് വെച്ചാൽ എല്ലാരിലും ഉള്ളത് സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോ ഡീപ് സ്ലീപ്പ് എല്ലാവർക്കും അനുഭവുള്ളതാണ് വേ സമാധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അനുഭവില്ല സുഷുപ്തിയില് അന്തസുഖ വെളിയിൽ നിന്ന് ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും മണത്തില്ല ഒന്നും രുചിച്ചില്ല ആ സുഖം സാധാരണമായ ഒരു സുഖമല്ലാതെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടും ചെവി കൊണ്ട് കേട്ടിട്ടും മൂക്കുകൊണ്ട് മണത്തിട്ടും നാവ് രുചിച്ചിട്ടും തൊക്കുകൊണ്ട് സ്പർശിച്ചിട്ടും മനസ്സുകൊണ്ട് പല വിധത്തിലുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സുഖം പോലെയുള്ള ഒരു സുഖമല്ല സുഷുപ്തിയിൽ അങ്ങനെയൊന്നും നമുക്ക് ഒന്നും കാണാനില്ലല്ലോഷുപ്തിയിലെന്ന് വെച്ചാൽ അത് നമ്മളുടെ മനസ്സ് മറക്കണത് കൊണ്ടാണ് അവിടെ കാണാത്തത് ആവരണമെന്ന് പറയാം പക്ഷേ ഒരു ഒരു ടെസ്റ്റ് ഒരു സയന്റിഫിക് ടെസ്റ്റ് പോലെ ഒന്ന് പറയാം നിങ്ങൾ രാവിലെ നാലുമണിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞ അലാം വെച്ചിട്ട് നല്ല വണ്ണം ക്ഷീണിച്ച് ഒരു പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങി തളർന്ന് കിടന്നുറങ്ങി രാത്രി അറിയാതെ ഴുന്നേറ്റു നല്ല ഉറക്കക്ഷണം കണ്ട് സുഖമായ ഉറക്കത്തിൽ നിന്നാണ് സ്വപ്നത്തിൽ നിന്നല്ല എഴുന്നേറ്റിരിക്കണത് നിങ്ങൾ ഒരു സ്വപ്നമും കണ്ടില്ല സുഖമായി ഉറങ്ങി ഞെട്ടി എഴുന്നേറ്റു എഴുന്നേറ്റു കഴിഞ്ഞപ്പോ എന്തോ ശബ്ദം കേട്ട് എഴുന്നേറ്റതാണ് എണീക്കണോന്ന് തോന്നി ടൈം പീസ് നോക്കിയപ്പോ രണ്ടു മണിയേ ആയിട്ടുള്ളൂ അപ്പോ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും ഇനിയും രണ്ടു മണിക്കൂർ ഉണ്ട് അല്ലേ ജനുവിനായിട്ട് സിൻസിയർ ആയിട്ട് എല്ലാവർക്കും ലോകത്തിൽ ആരാണെങ്കിലും അവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ഈ ജാഗ്രത അവസ്ഥയിൽ എന്തൊക്കെ സുഖസാമഗ്രികൾ അടുക്കി വെച്ചിരിക്കുന്ന ചക്രവർത്തിയാണെങ്കിലും അയാൾക്കും ആ രണ്ടു മണിക്കൂറിൽ അയാളൊന്നും നേടിയെടുക്കില്ല എല്ലാം നഷ്ടപ്പെടുത്തുക ചെയ്യാ അയാളുടെ ലോകം അയാൾ നഷ്ടപ്പെടുത്തുന്നു അയാളുടെ ശരീരം അയാളെ നഷ്ടപ്പെടുത്തുന്നു അയാളുടെ മനസ്സയാളെ നഷ്ടപ്പെടുത്തുന്നു അയാൾ വലിയവനാണെന്നുള്ള ഭാവമോ ചെറിയവനാണെന്നുള്ള ഭാവമോ ഒക്കെ നഷ്ടപ്പെടുത്തുന്നു ഭാവനകളെ നഷ്ടപ്പെടുത്തുന്നു ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു പേഴ്സണാലിറ്റിയെ നഷ്ടപ്പെടുത്തുന്നു പക്ഷേ ഇതൊക്കെ ഇട്ടറിഞ്ഞിട്ടും ഇതൊന്നും അല്ലാതെ എന്തോ ഒരു സുഖം ഒരു ഒരു ഒരു സന്ധിസ്ഥാനത്തിലാണ് നമ്മളപ്പൊ നിക്കണത് അതായത് വേണമെങ്കിൽ അങ്ങടയ്ക്ക് പോവാൻ വേണമെങ്കിൽ ഇങ്ങടയ്ക്ക് വരാമെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആ ടൈം പീസിലേക്ക് നോക്കിയത് അങ്ങടയ്ക്ക് പോവാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ വോട്ടിടുന്നത് ഈ ജാഗ്രത അവസ്ഥയ്ക്കല്ല ആ അവസ്ഥക്കാണോ അല്ലേ നമ്മളുടെ ഹൃദയം വോട്ട് ചെയ്യണത് ആ അവസ്ഥക്കാണ് അവിടെ ഞാൻ ഒന്നുമല്ല അവിടെ ഞാൻ ഒന്നും നേടിയെടുക്കണില്ല ഞാൻ ഒന്നും ആവണില്ല യാതൊന്നും ആയിത്തീരണില്ല എന്തൊക്കെയാണോ അതൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്യണത് എല്ലാം ഒന്നും ശരീരമേ ഇല്ലല്ലോ അല്ലേ മാത്രമല്ല അവിടെയുള്ള സുഖം ആ സമയത്തൊന്ന് ശ്രദ്ധിക്കുക എന്താ ഈ സുഖം ആ സുഖം എന്തൊക്കെ തന്നെ സാമഗ്രികളെ അയാളുടെ മുമ്പിൽ കൊണ്ടുവച്ചാലും അയാൾക്ക് വേണ്ട ഇപ്പൊ ഉറങ്ങണം അങ്ങടേക്ക് പോകണം ഉറക്കത്തിൽ എന്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് അറിയില്ല എനിക്കൊന്നും അറിയില്ല സുഖമായിരുന്നു എന്നാണ് നമ്മൾ പറയാ പക്ഷെ ഈ ഒന്നും അറിയില്ല എന്ന് പറയണത് ബുദ്ധിയാണ് എന്താന്ന് വെച്ചാൽ അതിന് എൻട്രി ഇല്ലാത്തത് അതിന് പ്രവേശമില്ലാത്തത് കൊണ്ട് ബുദ്ധി പറയണു എനിക്കൊന്നും അറിയില്ല സുഖമായിരുന്നു എന്ന് പറയണത് ബുദ്ധിയല്ല നല്ലവണ്ണം രണ്ടും മാറ്റി അറിയണം ഒന്നും അറിയില്ല അറിഞ്ഞില്ല എന്ന് പറയണത് ബുദ്ധിയാണ് സുഖമായിരുന്നു പറഞ്ഞത് ബുദ്ധിയല്ല നമ്മളാണ് ആ സുഖം നമ്മളിൽ നിന്നാണ് വന്നത് ആത്മാനുഭവമാണ് സുഖം പൂർണ്ണമാണ് സുഖം അതിലൊന്നും ചേർക്കാനും പറ്റില്ല ഒന്നും എടുക്കാനും പറ്റില്ല നമ്മൾ ആ സുഖത്തിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു ലക്ഷം വർഷം മനുഷ്യനായി ജനിച്ച് ദിവസം ഉറങ്ങിയാലും നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവില്ല പക്ഷെ ശ്രദ്ധിച്ചാണ്ടാവും ആത്മജ്ഞാനം ഒരു പ്രത്യേക അനുഭവത്തിന്റെ ഫലമല്ല നമ്മൾക്കുണ്ടാവുന്ന അനുഭവത്തിനെ ശ്രദ്ധിക്കണത് കൊണ്ട് ഫലമാണ് രമണ മഹർഷി മരണം വന്നു എന്ന് പറഞ്ഞ് നീണ്ടു കടന്നു വിചാരം ചെയ്തു ഞാനിയായി മരണാനുഭവം കൊണ്ടല്ല ഞാനിയായത് അതിൽ സാഖ്യം വിചാരം പ്രവർത്തിച്ചത് ആത്മജ്ഞാനം ഉണ്ടായത് അതേപോലെ നമ്മൾ ദിവസം ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ശ്രദ്ധിക്കുക എന്താ അവിടെ ഹിരണ്യനിധി സ്ഥാനം എന്നാണ് ബൃഹധാരണയ ഉപനിഷത്ത് പറയുന്നത് അതായത് ഹിരണ്യനിധി കുഴിച്ചിട്ടിട്ട് ഹിരണ്യെന്ന് വെച്ചാൽ സ്വർണം സ്വർണം കുഴിച്ചിട്ടിട്ട് അതിന്റെ മേലെ ലക്ഷക്കണക്കിന് വർഷം ഇരുന്നാലും അത് എന്താണെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ കുഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അറിയോ അറിയില്ലല്ലോ അതേപോലെ ഉറങ്ങണുണ്ട് പക്ഷേ ഉറങ്ങണതുകൊണ്ട് എന്താ ഒന്നും അറിയില്ല നമുക്ക് ഉറക്കം എന്താ ഒന്നും അറിയില്ല അവിടെ എന്ത് സംഭവിക്കണമെന്നു അറിയില്ല അവിടെ നമ്മളുടെ മനസ്സ് ശരീരമൊക്കെ വഴിവിട്ട് തരുകയും ബുദ്ധിയും പ്രവർത്തിക്കണില്ല നമ്മൾ സ്വയമേവ സ്വയമായി അതായിട്ട് ഇരിക്കുകയാണ് അതാണ് ബ്രഹ്മഭൂത പക്ഷെ എന്താ കൊഴപ്പം എന്ന് വെച്ചാൽ ഈ ബുദ്ധിയിൽ അജ്ഞാനം നീങ്ങാത്തത് കൊണ്ട് ബുദ്ധിയുടെ ആവരണംണ്ട് ഈ ഉറക്കം എന്ന് പറയുന്നത് ആ സുഖത്തിന്റെ പേരല്ല ആവരണത്തിന്റെ പേരാണ് ഉറക്കം നമ്മൾ ആ സുഖത്തിനെ ഉറക്കമെന്ന് ഉറക്കത്തിന്റെ സുഖം എന്ന് വിളിക്കുകയാണ് ആ ഉറക്കത്തിന്റെ സുഖമല്ല ഈ സുഖം ആത്മാവ് പറയണതാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് ആവരണം ഈ മറവാണ് എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് പറയണതല്ലോ അതാണ് ഉറക്കം സുഖം ഉറക്കത്തിന്റെ അല്ല ആത്മാവിൽ നിന്ന് വരണതാണ് നമ്മളിൽ നിന്ന് വരണതാണ് സത്തയിൽ നിന്ന് വരണതാണ് സ്വരൂപത്തിൽ നിന്ന് വരണതാണ് അപ്പൊ യോ അന്തസുഖ ആ സുഖത്തിനോട് തന്നെ ഇല്ല നമ്മൾ അന്വേഷിക്കുന്ന ബ്രഹ്മാനന്ദം ആത്മാനുഭൂതി പൂർണത ഭഗവാൻ അവിടെ ഉണ്ട് എന്തുകൊണ്ട് അതിനെ എല്ലാവരും ആശിക്കുന്നു ഏഷ സർവേശ്വര യേശ സർവജ്ഞന്തര്യാമിഹി യേഷയോനിഹി പ്രഭവാപ്യയോ ഹി ഭൂതാനം എന്നു വേദം തന്നെ പറയണതാണ് നിങ്ങൾ സുഷുപ്തിയിൽ എന്തായി ഒന്നും അറിയില്ല കഞ്ചന കാമം കാ സ്വപ്നം പശ്യത്തി ആഗ്രഹവും ഇല്ല ഒരു സ്വപ്നവും ഇല്ല അവിടെ എന്താ സുഖത്തിന് കാരണം ഹേതുവെന്താ ഏഷ സർവേശ്വര ഏഷ സർവജ്ഞന്തറിയാമി ഏഷയോനി ഹി പ്രഭവാപ്യയൗ സർവേശ്വരൻ സർവജ്ഞൻ അന്തറിയാമി നമ്മൾക്ക് പൂർണത തരുന്ന എന്തോ ഒന്ന് ഭഗവാൻ നമുക്ക് പുരുഷൻ സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭാവന വരികയാണ് ഭഗവാൻ പുരുഷനോ സ്ത്രീയോ അതിനൊക്കെ അപ്പുറം നമ്മളുടെ ലിംഗ ആശയത്തിനൊക്കെ ആ സുഷുപ്തി അവസ്ഥയിൽ ആ ഒരു സുഖം ആ പൂർണത നമ്മളുടെ ഉള്ളിൽ യോ അന്തസ്സുഖ നമ്മളുടെ നാച്ചുറൽ ഇന്റലിജൻസ് അതിന് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുള്ള ഒരു ബുദ്ധി പറയണോ ഈ ജാഗ്രതാവസ്ഥയും അതിനെയും കൂടെ തുലനം ചെയ്തിട്ട് പറയുന്നു ഈ ജാഗ്രത അവസ്ഥ വേണ്ട എന്ന് പറയേണ്ടത് നമ്മളുടെ അടുത്ത് പക്ഷെ നിവൃത്തിയില്ല പ്രാരബ്ധമാണ് തള്ളിപ്പുറപ്പെട്ടു വരും നമ്മൾ എന്തോ ഒരു ഫോഴ്സ് നമ്മൾ എഴുന്നേൽപ്പിക്കണമുണ്ടല്ലോ ആ ഫോഴ്സ് അല്ലെങ്കിൽ ഉറങ്ങിയാൽ എന്തിനെ എഴുന്നേക്കണം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല ഉറങ്ങിക്കഴിഞ്ഞിട്ട് എന്തിനു എഴുന്നേറ്റവും ചോദിച്ചാൽ ഉത്തരവില്ല എഴുന്നേൽപ്പിക്കണ ഒരു ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സിനെയാണ് പ്രാരബം എന്ന് പറയണത് പിടിച്ച് ആ ഫോഴ്സ് ആണ് നമ്മളുടെ കംപ്ലീറ്റ് കൺട്രോൾ അതാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ പറയണത് കേൾക്കാൻ നിങ്ങൾക്ക് യോഗമില്ലെങ്കിൽ അയാള് ഇപ്പൊ ഉറങ്ങാൻ വെച്ചും കേട്ടോണ്ടേ ഇരിക്കുമ്പോ കേട്ടോണ്ടേ ഇരിക്കുമ്പോ ഉറങ്ങിക്കളയും കംപ്ലീറ്റ് കൺട്രോളാണ് ആ ഫോഴ്സ് നമ്മളുടെ ഉള്ളില് ഇപ്പൊ ഈ വിദ്യ ഉള്ളിൽ കടക്കാൻ പാടില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഇരുന്നത് അങ്ങനെ വീണുപോകും അതിൻ്റെ ഇടയിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞു പോവും അപ്പൊ ആ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മള് വീണ്ടും ശരീരമണ്ഡലത്തേക്ക് വരണം മാത്രമല്ല ഉറക്കത്തിൽ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജാഗ്രതയിലാണ് ഉറക്കത്തിൽ ആർക്കും ഒരു വിഷമമില്ലല്ലോ ഏറ്റവും വലിയ ദുഃഖം നടന്ന ദിവസവും അതിനകത്തേക്ക് ഒരു ദുഃഖവും ഇല്ല പക്ഷേ ഉറക്കം ഒരു കാര്യം നമുക്ക് കാണിച്ചു തരണു നമ്മൾക്ക് പൂർണ്ണമാവാൻ നമ്മൾക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടാവാൻ ശരീരത്തിന്റെ ആവശ്യമില്ല എന്ന് കാണിച്ചു തരാം ഏറ്റവും വലിയ ഒരു ദൃഷ്ടിയാണോ ാലോചിച്ച് നോക്കണം നമ്മൾ വിചാരിക്കണം ദേഹം ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഡയബറ്റീസ് വന്നു ഹൈലി ഡയബറ്റിക് അയാള് കാല് വിരലൊക്കെ ഓരോ ദിവസാവുമ്പോൾ ഇനി വലിച്ചു കഴിഞ്ഞാൽ കയ്യോട് പോരും അവസാനം ഡോക്ടർ പറഞ്ഞു ഒരു നിവൃത്തിയില കാലു മുറിച്ചു കളയണം കാല് മുറിച്ച് കളഞ്ഞ ഒമ്പതാമത്തെ ദിവസം പത്താമത്തെ ദിവസം ഹീലാവും അത്രേ ഉള്ളൂന്ന് കാല് മുറിച്ചു മുറിച്ചുകഴിഞ്ഞാൽ തലേ ദിവസം വരെ നിലവിളിച്ച് ബഹളം കൂട്ടിക്കൊണ്ടിരുന്ന അദ്ദേഹം പറഞ്ഞു കാല് മുറിച്ചു അപ്പാ യുദ്ധ സുഖം അപ്പൊ മരണത്തിന് നല്ല പേടിയുള്ള ആളാ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു പോ അപ്പൊ ആ ന്യൂസ് കേട്ടപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞപ്പോ കാലു പോയപ്പോ തന്നെ ഇത്ര സുഖമാണെങ്കിൽ ഈ ശരീരമേ പോയാൽ അത്ര സുഖം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണേ ശരീരം കൊണ്ടാണ് സുഖം എന്ന് വിചാരിക്കണു ശരീരം പോകുമ്പോൾ ഉള്ള സുഖം ദിവസം സുഷുപ്തിയിൽ അനുഭവിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ടാണ് എല്ലാവരും അതിനാഗ്രഹിക്കുന്നത് രാത്രി ആവുമ്പോ കിടക്കണമെങ്കിൽ ആ കിടക്കാൻ പോണ സമയത്തൊരു ഒരു ഒരു പ്രറേഷനും എന്താ ശരീരമില്ലായ്മയെ അനുഭവിക്കാനുള്ള ആഗ്രഹമാണ് നിദ്രയെ ഡെഫനേഷൻ കൊടുത്താൽ എന്താ ദേഹമില്ലായ്മ അല്ലേ സുഖം ഒരു പ്രശ്നവും അറിയില്ല ഏറ്റവും വേദനയും വിഷമവും ഉള്ള ദിവസമാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയില്ല അപ്പോ കാലും കയ്യും ഒക്കെ പോയാൽ അവർക്കൊരു കുറവ് തോന്നണില്ല മാത്രല്ല നിറവ് തോന്നുന്നു ഇന്നിപ്പോ ആധുനിക മെഡിക്കൽ സയൻസില് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യണത് കൂടുതൽ കൂടുതൽ നമുക്ക് പ്രൂഫാണ് വരുന്നത് നമുക്ക് നമ്മളുടെ പൂർണ്ണത ഉണ്ടാക്കാൻ നമുക്ക് ദേഹാദികൾ ആവശ്യമില്ല വേദാന്തി പറ വേദാന്തം പറയണ ദേഹം മനസ്സുമൊക്കെ ആത്മാവിൽ അധ്യസ്ഥമാണ് എന്ന് പറയണത് കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ സൂപ്പർ ഇമ്പോസിഷൻ ആണ് ഇനിയിപ്പൊ ദേഹം ആത്മാവിലില്ലെന്ന് തന്നെയാണ് സുഷുപ്തിയിൽ ദേഹം ഒന്നുമില്ലല്ലോ നമ്മൾ സുഖമായിട്ടിരിക്കണം ദേഹത്തിൽ എന്തൊക്കെയോ വെച്ചു പിടിപ്പിച്ചിട്ട് അറിയണമില്ല രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഒരാൾ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ എന്തോ പ്രോബ്ലം ആയോ ഒരു മെഷീന് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടായും ചോദിച്ചു എനിക്കൊന്നും അറിയണില്ല അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴയ പോലെ ഇരിക്കേണ്ട ദേഹം നമ്മൾക്ക് ബോഡി കോൺഷ്യസ്നെസ് വാസ്തവത്തിൽ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഫോറിൻ മെറ്റീരിയൽ വെച്ചാൽ നമുക്ക് അറിയേണ്ടതല്ലേ തൊട്ട് നോക്കിയാൽ അറിയേണ്ടത് എന്നാണ് പറയണത് അല്ലെങ്കിൽ അതിന്റെ പാട്ടിൽ എന്ന് വെച്ചാൽ ഒരു പുറത്തൊരു ഷെൽഫിൽ ഒരു സാധനം വെച്ചാൽ അത് തൊട്ടു നോക്കിയാൽ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ദേഹത്തിലും വെച്ചതിരിക്കണോ പോണു പോട്ടെ അപ്പോ പൂർണത നമ്മളിൽ ഉണ്ട് എന്നുള്ളതിനാണ് സുഷുപ്തി ഒരു ദൃഷ്ടാന്തം രണ്ട് അത് അബ്സലൂട്ടായിട്ടുള്ള വിശ്രാമസ്ഥാനാണ് അതായത് ദേഹത്തിന്റെയോ മനസിന്റെയോ പ്രശ്നങ്ങളൊന്നും തന്നെ അല്പം പോലും അതിനെ കളങ്കപ്പെടുത്തുന്നില്ലെന്ന് ആ സ്ഥാനം കാണിച്ചു തരണുണ്ട് തത്ര സ്തേനോ അസ്തേനോ ഭവതി ഭ്രൂണ അഭ്രൂണഭവതി മാതാ അമാതാ ഭവതി പിതാ പിതാ ഭവതി വേദം പറയണത് അവിടെ അമ്മ അമ്മയല്ല അച്ഛൻ അച്ഛനല്ല മഹാ കള്ളൻ കള്ളനല്ല ക്രിമിനൽ ക്രിമിനലല്ല പുണ്യം പാപം ഒന്നിനും അവിടെ എൻട്രി ഇല്ല അല്ലെ ഉറങ്ങിക്കഴിയുമ്പോ ഒന്നും ഒന്നും അവിടെ പ്രവേശിക്കണേ ഇല്ല ജയിലിൽ കിടക്കുന്ന ആൾക്ക് അവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി പക്ഷേ ഉറക്കം നമുക്കൊരു പരിഹാരമല്ല ഈ പറഞ്ഞത് വന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആത്മജ്ഞാനിയാവും എന്ന് പറയാനല്ല മഹാമടയനാവും അത്രേ ഉള്ളൂ ഉറങ്ങിക്കൊണ്ടേ ഇരുന്നാൽ ഉറക്ക ഉറക്കം എന്ന് പറഞ്ഞത് തന്നെ അജ്ഞാനത്തിന്റെ പേരാണെന്ന് ആദ്യം തന്നെ പറഞ്ഞു ഉറക്കത്തിലുള്ള ആ സുഖം ഒരു എലമെന്റിനെ മാത്രമാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് നമുക്ക് ജാഗ്രത അവസ്ഥയിലാണ് ആത്മജ്ഞാനം വേണ്ടത് ജാഗ്രത അവസ്ഥയിലാണ് നമുക്ക് പൂർണത വേണ്ടത് ആ പൂർണത വേണമെങ്കിൽ ആ ഉറക്കത്തിനെ ഒന്നും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു കാര്യം മനസ്സിലാക്കാം ശരീരമോ മനസ്സോ ഒന്നുമില്ലാതെ ഒരു പൂർണ്ണതയുണ്ട് അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ സുഖം അത് ക്രിയേറ്റഡ് ജോയ് അല്ല എന്തെങ്കിലും നേടിയെടുത്തിട്ട് വരേണ്ട സുഖല്ല ഉപേക്ഷിക്കുന്നത് വന്ന സുഖാണ് നമുക്ക് എന്തെങ്കിലും കിട്ടിയ സുഖം വരും ജാഗ്രത അവസ്ഥയിൽ സുഷുപ്തിയിൽ എല്ലാത്തിനെയും വിടുമ്പോഴാണ് സുഖം അല്ലേ എല്ലാം വിട്ട അടങ്ങിയപ്പോഴാണ് സുഖം അടക്കത്തിൽ നിന്ന് വന്ന സുഖാണ് ജാഗ്രതത്തിൽ ഔദ്ധത്യം കൊണ്ടാണ് സുഖം വരുന്നത് എന്തോ ആയിത്തീരുമ്പോ സുഖം സുഷുപ്തിയിൽ അടങ്ങുമ്പോ ഒരു സുഖം വന്നു ആ സുഖം വരാൻ കാരണം എന്താ അടങ്ങി അടങ്ങാതെ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ല അടങ്ങിയപ്പോഴാണ് സുഖം എന്നത് പോയി ഒടുങ്ങിയപ്പോഴാണ് സുഖം അടക്കം കൊണ്ടുവന്ന സുഖം അന്തരാരാമഹ ഉള്ളിലുള്ള സുഖം അവിടെ അബ്സലൂട്ടായിട്ടുള്ള ആരാമം ആരാമസ്ഥാനം രമിക്കുന്ന സ്ഥാനം രമിപ്പിക്കുന്ന വസ്തു അവിടെ ഉണ്ട് അവിടെ റെസ്റ്റാണ് റിലാക്സേഷൻ എല്ലാ ഊർജവും അവിടെ നിന്ന് ഉണ്ടാവുന്നു എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഊർജസ്വലരായി അവിടെ പോയിട്ട് വെളിയിൽ വന്നാൽ അന്തർജ്യോതി അതിനെ അറിവോ അറിവ് നമുക്കുണ്ടോ അറിവുണ്ട് ആ അറിവിന് പ്രാമുഖ്യം കൊടുക്കുകയാണിപ്പോ ഇപ്പൊ ശ്രദ്ധിക്കുമ്പോ നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നത് നമ്മളുടെ ഉറക്കം എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ ഒരു ഫിനോമിനൻ ആണ് റെസ്റ്റ് മാത്രമാണെന്നൊക്കെ ധരിച്ചിരിക്കുമ്പോഴാണ് പുതിയതായിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് വരുന്നത് അതിൽ അതല്ലാതെ വരെന്തോ ഉണ്ട് എന്നാണ് അപ്പോ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താവണു നമ്മൾക്ക് നമ്മൾ അന്വേഷിക്കുന്ന ആ പൂർണത നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമ്മളുടെ അറിവ് ഫോക്കസ് അറിയാനുള്ള ആഗ്രഹം നമ്മളുടെ ഊർജം ബുദ്ധിയുടെ ശക്തി മുഴുവൻ അതിൻ്റെ നേരെ തിരിയും അപ്പോഴാണ് ഇനി ധ്യാനം എന്നുള്ളത് ആരംഭിക്കുക അതിനു വേണ്ടിയിട്ടാണ് പറയണത് നേരെ തിരിഞ്ഞു കഴിയുമ്പോഴാണ് മെഡിറ്റേഷൻ എന്നുള്ളതൊക്കെ സഫലമാവുക നമ്മൾ മനസ്സിലാക്കി നമ്മള് വിചാരിക്കണ പോലെ നമ്മള് ഈ ശരീരമോ മനസ്സോ അല്ല ഇതല്ലാതെ സെന്റർ ഹൃദയം എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് ആ ഹൃദയത്തില് പോയിട്ടാണ് മാനസികമല്ലാത്ത ബൗദ്ധികമല്ലാത്ത ശാരീരികമല്ലാത്ത ബയോളജിക്കലോ സൈക്കളജിക്കലോ അല്ലാത്തതായ ഒരു സ്ഥാനത്തിലേക്ക് പോകുമ്പോഴാണ് സുഖം വരണത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അടങ്ങിയപ്പോഴാണ് സുഖം വന്നത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായി ജാഗ്രത അവസ്ഥയിൽ എങ്ങനെ അടങ്ങും എന്നുള്ള ചോദ്യം വന്നു അറിഞ്ഞടങ്ങാം അടങ്ങിയിട്ട് അറിയാം അടങ്ങി അറിയണതിനെ ഭക്തി എന്ന് പറയണു അറിഞ്ഞടങ്ങുന്നതിനെ ജ്ഞാനം എന്ന് പറയണു രണ്ടിലും അടങ്ങിയാൽ സുഖം വരും അടങ്ങിയവന് അറിയണം അറിഞ്ഞവൻ അടങ്ങണം അടങ്ങിയാൽ മാത്രം പോരാ സുഷുപ്തിയിൽ അടക്കണ്ട് പക്ഷെ അറിവില്ലാത്തത് കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവണമില്ല ഭക്തിയിലും അതുപോലെ യോഗ സാധനയിലും ഒക്കെ അറിയാതെ അടങ്ങും പക്ഷെ അടങ്ങിക്കഴിഞ്ഞാൽ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മൾ തന്നെയാണ് അടങ്ങുന്നത് എന്ന് അറിയാത്തത് നമ്മളുടെ സ്വരൂപമാണതെന്നോ അല്ലെങ്കിൽ ആ സത്ത ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് വന്നിട്ട് പോണത് അപ്പൊ അടങ്ങിയതിനെ അറിയുക അടങ്ങുന്ന സ്ഥാനത്തിനെ അറിയുക ആ സ്ഥാനമാണ് ധ്യാന ഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ ധ്യാനിക്കുമ്പോഴൊക്കെ ധ്യാനിക്കണ വസ്തു പുറമേക്കുള്ള ഒരു നിരന്തരം പിടിച്ചു നിർത്താൻ പറ്റില്ല ഭാവന കൊണ്ട് എന്തിനെങ്കിലുമൊക്കെ ഭാവന ചെയ്യാം കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ അത് ഭാവന മറിഞ്ഞു പോവും നിൽക്ക് നിൽക്കില്ല അപ്പോ മനസ്സുകൊണ്ടുള്ള ധ്യാനം നിരന്തരം നിൽക്കില്ല അതിനെ ഒരു പതഞ്ജലി മഹർഷി ഒരു കുഴപ്പമായിട്ടാണ് പറഞ്ഞത് അലബ്ധ ഭൂമികാത്വം എന്ന് പറയുന്നത് അതായത് നോട്ട് ഗ്രൗണ്ടഡ് ഫൗണ്ടേഷൻ അവർക്ക് ഒരു ഒരു നിത്യനിരന്തരമായ ഒരു ധ്യാന സ്ഥാനം കിട്ടിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനെ ധ്യാനിക്കുമ്പോൾ അതൊക്കെ ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ വിട്ടുപോകും മറഞ്ഞു പോകും അപ്പൊ മറഞ്ഞു പോവാത്തതായ വസ്തുവിനെ ധ്യാനിക്കണം അതെവിടെയുണ്ട് തന്നിലുണ്ട് അത് ആവൃത്തമായിട്ട് കിടക്കുകയാണ് മറഞ്ഞു കിടക്കാണ് ആ മറവിനെ നികത്തണം പുറമേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കണം ഉള്ളില് ശ്രദ്ധിക്കണം തന്നെ തന്നെ ശ്രദ്ധിക്കണം ഈ സുഷുപ്തി എന്നുള്ള അവസ്ഥ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാത്രി വരാൻ പോണതാണ് അങ്ങനെയല്ലാതെ ആ വസ്തു ഇപ്പ തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ അതുകൊണ്ട് ആ അധിഷ്ഠാനം ഇപ്പൊ തന്നെ അനാവൃത്തമാണോ ഹൃദയം എന്ന് പറയുന്നത് മനസ്സോ ശരീരമോ അല്ലാത്ത സകല ആനന്ദത്തിൻ്റെയും പൂർണതയുടെയും ഉറവിടം ആ ഉറവിടമാണ് നമ്മളിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും അപ്പോഴാണ് ശ്രദ്ധാപ്രധാനമായ ധ്യാനം ആത്മാനുഭവത്തിലേക്ക് കലാശിക്കും ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പരസേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അന്തർമുഖമാക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ ആവശ്യത്തിലധികം ചലിപ്പിക്കാതെ ശ്രദ്ധയെ തന്നിൽ നിർത്തിക്കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തതായ തൻ്റെ സ്വരൂപത്തിനെ പൂർണതയെ ശ്രദ്ധ കൊണ്ട് കാണുക ഈക്ഷണമെന്നാണ് ഈക്ഷണം ആ ഈക്ഷണത്തിനെയാണ് ഒരു വിധത്തിൽ ജ്ഞാനികൾ ധ്യാനം എന്ന് പറയണത് स्पर्शान कृत्वा बहिर्बा चक्षुशवा भ्रुवो प्राणापान समसाभ्यिण य मनोबुद्दी मुनिर्मोक्षण विगतेछा भय क्रोध युक्त सह कट श्लोक भगवान्यान सूचिपचुद् സ്പർശാൻ കൃത്വ ബഹിർബാഹ്യാണ് വെളിയിലുള്ള കോണ്ടാക്ട്സ് സംബന്ധമൊക്കെ പുറമേക്ക് തന്നെ വിട്ടിട്ട് ചക്ഷുഹു എന്ന് വെച്ചാൽ കണ്ണ് അതായത് ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് കണ്ണ് അല്ലാതെ ഈ കണ്ണല്ല ശ്രദ്ധയെ ഭ്രുവോഹോ ഭ്രൂമദ്യത്തിൽ എന്ന് വെച്ചാൽ മനസ്സിന്റെ ഉറവിടത്തിൽ എന്നർത്ഥം അല്ലാതെ ഇവിടെ മനസ്സിന്റെ ഉറവിടമാണ് ഭ്രൂമധ്യം യോഗശാസ്ത്രത്തില് പ്രാണാപാനവും സമൂഹ കൃത്വ പ്രാണനയും അപാനനയും എപ്പോഴാ സമാവുക എന്ന് വെച്ചാൽ നമ്മളിൽ പെർവേർട്ടഡായിട്ടുള്ള സ്പന്ദനങ്ങൾ വൈബ്രേഷൻസ് ഇല്ലെങ്കിൽ പ്രാണനും അപാനനും സമാവും ശാന്തമായിട്ടിരിക്കുമ്പോൾ പ്രാണാപാനം സമാവും യഥേന്ദ്രിയ മനോബുദ്ധി മനസ്സും ബുദ്ധിയും ഒക്കെ ഒന്ന് തന്നെ അതായത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആത്മസാക്ഷാത്കാരം മോക്ഷപരായണ പരിപൂർണമായ ഭഗവത് പദത്തിനെ പ്രാപിക്കണമെന്ന് തീരുമാനിച്ചവൻ വിഗത ഇച്ഛാഭയക്രോധ അവന് വേറെ ഒന്നും നേടിയെടുക്കാനില്ല ആഗ്രഹങ്ങളൊക്കെ വരുമ്പോ നമ്മളുടെ ഈ ആന്തരികമായ യാത്രയെ അത് കളങ്കപ്പെടുത്തും എന്തെങ്കിലുമൊക്കെ ആവാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ കിട്ടുന്നതിനൊക്കെ നമ്മള് വെളിയില് കച്ചവടമാക്കി മാറ്റും അതിനാണ് യോഗശാസ്ത്രത്തിൽ സിദ്ധി എന്ന് പറയുന്നത് സമാധോ ഉപസർഗ്യു സിദ്ധയാ ഇയാൾക്ക് ഉള്ളിൽ പോകുമ്പോ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയ ഒരു സുഖത്തിനെ എന്തിനെങ്കിലും ഒക്കെ വെളിയില് ഇയാള് വിറ്റ് എക്സ്പ്ലോയി എക്സ്പ്ലോയിറ്റേഷൻ ആണത് അതിനെ പുറമേക്ക് ഇയാൾ എന്തെങ്കിലും ചെയ്യും അപ്പൊ എന്താവും നേരെ ഉള്ളിലടങ്ങില്ല അതിന് കാരണം എന്താ ഇച്ഛയാണ് ഇച്ഛയം ക്രോധം ഇത് ഇച്ഛയും ഭയവും ക്രോധവും ഒന്നും തടസ്സപ്പെടാതെ ശ്രദ്ധ തൻ്റെ തന്നെ ഉറവിടത്തിലാവുമ്പോ അവൻ മുക്തനാണെന്നാണ് വെച്ചാൽ മുക്തി നേടിയെടുക്കേണ്ടതല്ല മുക്തി ഇപ്പൊ ഉണ്ട് നമ്മളുടെ സ്വരൂപമാണ് സിദ്ധമാണ് നമ്മളൊക്കെ മുക്തന്മാരാണ് നമ്മൾ ആരും ബന്ധത്തിലുള്ളവരെയല്ല ഒരു ബന്ധവും ബന്ധം വരാൻ സാധ്യമല്ല നിങ്ങളൊക്കെ മുക്തരാണ് നിങ്ങളൊക്കെ പൂർണരാണ് പക്ഷെ ഒരു നമ്മൾ നോക്കണ വിധം ശരിയില്ലാത്തത് കൊണ്ട് ശരീരത്തിൽ നിങ്ങളുടെയൊക്കെ നോക്കണത് നമ്മളുടെ പൂർണ്ണത മനസ്സിലാവണില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഭോക്താറും യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മരിച്ച കഴിഞ്ഞ അധ്യായം അവസാനിപ്പിക്കണത് അങ്ങനെയാണ് സർവ കർമ്മങ്ങളുടെയും യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും അധ്യാത്മ സാധനയുടെയും ഒക്കെ അനുഭവത്തിനെ കൊടുക്കണവനും അനുഭവിക്കണവനും സർവലോകമഹേശ്വരം സകല പ്രപഞ്ചത്തിനും ഈശ്വരനായിട്ടുള്ളവനും മാം എന്നെ എന്നുവെച്ചാൽ ഭഗവാനെ സുഹൃദം സുഹൃത്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരെന്നൊരർത്ഥം ജീവിതത്തിൽ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടോ എന്നൊരർത്ഥം വേറെ ഒന്ന് ഹൃദയത്തില് ഹൃത്തില് ഇരിക്കുന്നവൻ എന്നർത്ഥം തന്നിൽ തന്നെ ഇരിക്കുന്നവൻ തൻ്റെ ഹൃദയത്തില് എപ്പോഴും കൂട്ടുകാർ ഹൃദയത്തിൽ ഇരിക്കുന്നവരാണല്ലോ സുഹൃതം സർവഭൂതാണ് എന്നുവെച്ചാൽ നമ്മളുടെ തെരയുന്ന വസ്തു നമ്മൾ അന്വേഷിക്കുന്ന ആ പൂർണത ഈശ്വരൻ മഹേശ്വരൻ ആ വാസുദേവൻ ആ ഭഗവാൻ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് സർവസാക്ഷിയായിട്ട് സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ശേതയിതാവായിട്ട് നമ്മളുടെ ഉള്ളിൽ നമ്മളിൽ ഉണ്ട് കൂടെ ഉണ്ട് എന്ന് അറിയണതുണ്ടല്ലോ അറിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു രീതിയിൽ നമ്മൾ നമ്മളെ കാണാൻ തുടങ്ങും നമ്മളുടെ വികാരങ്ങൾ നമ്മളുടെ ഭാവങ്ങളും ഒക്കെ തന്നെ നമുക്കപ്പോ ഇപ്പോ കാണുന്ന രീതിയിലല്ല കാണാം ഇതൊക്കെ എപ്പോഴാണോ ഭഗവാന്റെ അടുത്താണോ വരണത് എന്ന് മനസ്സിലാവണത് നമ്മളുടെ മനസ്സെന്ന് പറയണത് മനസ്സല്ലാതായിട്ട് മാറും ഇന്ദ്രിയങ്ങൾ എന്ന് പറയണത് ഇന്ദ്രിയങ്ങൾ അല്ലാതായിട്ട് മാറും ശരീരം എന്ന് പറയണത് ശരീരം അല്ലാതായിട്ട് മാറും അപ്പോഴാണതൊക്കെ അമ്പലമായിട്ട് മാറി എന്നൊക്കെ പറയണത് തമിഴില് തിരുമൂലർ ഒരു പാട്ടുപാടി ഉള്ളം പെറുംകോയിൽ ഊനുടമ്പ് ആലയം വള്ളർപ്പിരാണാർക്ക് വായി ഗോപുരവാസൽ ാർക്ക് ജീവൻ ശിവലിംഗ്യം കള്ളപ്പുലനൈന്ദിവിളക്കേ ഈ ശ്രീകോവിലായിട്ട് തീരുന്നു ഹൃദയം ശരീരം തന്നെ കോവിലായിട്ട് തീർന്നു കോവിലല്ല ശരീരം തന്നെ ദിവ്യമായിട്ട് തീരും മനസ്സ് ദിവ്യമായിട്ട് ഇന്ദ്രിയങ്ങള് ദിവ്യമായി വ്യവഹാരമൊക്കെ ദിവ്യമായിട്ട് തീരും പക്ഷേ ഉറവിടത്തിനെ അറിയണം ഉറവിടം ഭഗവാനാണെന്ന് അറിയാത്താമാം എന്നുള്ളതാണ് ലാസ്റ്റ് വാക്ക് എന്നിട്ട് വേണം ധ്യാനയോഗത്തിലേക്ക് കിടക്കാൻ അറിഞ്ഞിട്ട് എന്തിനെ അറിഞ്ഞിട്ട് ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞിട്ട് യഹ് പൃഥിവ്യം തിഷ്ടം പൃഥി നൃഥിവി ശരീരം യഫ് പൃഥിവി യമയതി ആത്മാ അന്തര്യാമി അമൃത വേദം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാൻ ആ ഒരു ഭൂമിയിലിരിക്കുന്നു ആരു സർവഭൂതങ്ങളിലും ഇരിക്കണോ ആരെ ആരും അറിയണില്ലയോ എസ് സർവേഷു ഭൂതേഷു തിഷ്ഠേഭ്യോ ഭൂതേഭ്യോ അന്തര യം സർവാണി ഭൂതാനി ന വിദു യസ് സർവാണി ഭൂതാനി ശരീരം അങ്ങനെ ഉള്ളില് നമുക്ക് സ്വരൂപമായിട്ട് ഭഗവാൻ സിദ്ധനായിട്ട് ഇരിക്കണു എന്ന് അറിയുമ്പോ വെറുതെ ബുദ്ധി കൊണ്ടുള്ള അറിവല്ല ഈ പറഞ്ഞ പോലെ സുഷുപ്തി അവസ്ഥയെ വെച്ചുകൊണ്ട് വിചാരം ചെയ്യപ്രബോധ സന്ധിസ്ഥാനത്തിനെ കാണുമ്പോൾ നമ്മൾ പതുക്കെ ഒരു സുഖം വരും ഒരു ആനന്ദം നമ്മളുടെ ഉള്ളിൽ ഒരു ഒരു ഒരു റിലീസ് വരും അന്തര്യാമിയായ ഭഗവാനെ അറിഞ്ഞാൽ ശാന്തി മൃച്ചതി ഭഗവാൻ പറഞ്ഞു ശാന്തി എന്നുള്ള വാക്ക് മറ്റൊരു സ്ഥലത്ത് പറയണു പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശ തിഷ്ട്രൻ സർവഭൂ യന്ത്രാരൂഢാനി മായയാ നമ്മുടെ ജീവിതത്തിലെ പല വിഷമങ്ങളും വരുമ്പോ കഷ്ടങ്ങളും ഒക്കെ വരുമ്പോ ചോദിക്ക് എന്തിനാ എങ്ങനെ ഭഗവാനിട്ട് വട്ടം കറക്കണെന്ന് ചോദിക്കും ശരിയാണ് വട്ടം കറക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഭ്രാമയ്യൻ സർവഭൂതാനി ലോകം കാണുമ്പോ ശരിക്കു കണ്ടവൻ ഒരിക്കലും പാർഷ്യലായിട്ട് മനസ്സിലാക്കിയാൽ ഒരു പകുതി പകുതി ആയിട്ട് മനസ്സിലാക്കിയാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും ഭഗവാൻ നമ്മളെ കാത്തോളും എനിക്ക് സൂക്കടൊന്നും വരില്ല എനിക്ക് സുഖമായിട്ടിരിക്കാന്ന് ആർക്കും പറയാൻ പറ്റില്ല പരമഭക്തന്മാർക്കും വിഷമങ്ങൾ വരുന്നുണ്ട് നല്ല ആളുകൾക്കും വിഷമങ്ങൾ വരുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ ഭഗവാനെ അവതരിച്ച് വിഷമിച്ച് കാണിച്ചിട്ടാണ് പോയിരിക്കണത് അല്ലെ രാമായണത്തിലൊക്കെ ഭഗവാനെ അവതരിച്ച് വിഷമിച്ചു കാണിച്ചിട്ടാണ് പൊരിക്കണത് അതുകൊണ്ട് അപ്പോ പൂച്ച പാല് കുടിക്കണ പോലെ നമ്മളെ ആരും കാണില്ലെന്ന് കണ്ണടച്ച് പാല് കുടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട പിന്നെന്താ ഞാത്വാമാം ഭഗവാൻ പറഞ്ഞത് ഈ ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞാൽ അവസാന വാക്കെന്താന്ന് വെച്ചാൽ കഷ്ടം വരണമല്ലോ ഇന്ന് ഒരാള് ഭഗവാന്റെ അടുത്ത് പോയി ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞത് ആരാ കഷ്ടപ്പെടുന്നത് ഞാൻ കഷ്ടപ്പെടുന്നു ഈ ഞാനും ആരാ അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഞാനിനെ അവിടെ കാണാനില്ല കഷ്ടപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ് ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം ഈ ഞാൻ ആര് എന്ന് അതിന് ഉത്തരം ഞാൻ ഇന്നവനാണെന്നുള്ളതല്ല ഞാൻ ഇല്ല ഉള്ളത് ഭഗവാൻ ആണെന്നുള്ളതാണ് എപ്പോ വിഷമം വരുമ്പോ എപ്പൊ ദുഃഖം വരുമ്പോ ഈ ദുഃഖം അനുഭവിക്കണത് എന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ അനുഭവിക്കുന്ന ഒരാളവിടെ ഇല്ല ശ്രദ്ധിച്ചാ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാതെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയണത് ആത്മവിചാരം എന്ന് പറയുന്നത് ചിന്തയല്ല ഫിലോസഫി അല്ല ചിന്തിച്ചാ മനസിലാവില്ല വളരെയധികം വിഷമം വരണു വിഷമം വരുമ്പോ പതക്കെ ശ്രദ്ധിക്ക ആരാ വിഷമിക്കുന്നത് ഞാൻ ഞാൻ വിഷമിക്കുന്നു ഈ ഞാൻ ആരാ ഈ ഞാൻ എന്താ എനിക്ക് വിഷമമുണ്ടേ ഇതൊന്നും ചോദിക്കാൻ വയ്യാന്നൊക്കെ പറയൂള്ളില്ലേ ഈ ഞാൻ എന്താണ് ഈ വിഷമിക്കണത് ഞാൻ എന്താണ് ഈ ഞാൻ ആരാണ് ഈ ദുഃഖം അനുഭവ പതുക്കെ ശ്രദ്ധിച്ചാ കാണാം ഇത് വെറും ഒരു ഭ്രമമായ ഒരു തോന്നലാണ് അനുഭവിക്കുക എന്ന് പറയണേ ഈ വിഷമത്തിനെ അനുഭവിക്കുന്നതും ആ സർവഭൂത മഹേശ്വരൻ തന്നെയാണ് മാം ശാന്തി മൃച്ചതി ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ടതി ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ചക്രം ചുറ്റിക്കണുമാണ് ചക്രത്തിന് എങ്ങനെ പുറത്തു പോകും തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത് സർവഭാവത്തോടു കൂടെ അവന്റെ അടുത്ത് പോയി അടങ്ങുമെന്നാണ് അടങ്ങി കഴിഞ്ഞാലോ അടങ്ങിക്കഴിയുമ്പോ കാണാം നമ്മളുടെ വിഷമങ്ങളൊക്കെ ഭഗവാൻ ഏറ്റു നമുക്ക് തോന്നും ഏറ്റു വെച്ചാൽ ഭഗവാനാണ് ഏൽക്കണതേ ഞാനാണ് അനുഭവിക്കണത് എന്ന് വിചാരിക്കുമ്പോഴാണ് ഓരോ ക്ഷണം പ്രതിബോധവിദിത്തം ഈ അധ്യാത്മം എന്ന് പറയുന്നത് ഒരിക്കലും അറിഞ്ഞു കഴിഞ്ഞാൽ പോയ കാര്യമല്ല ാണ് അധ്യാത്മെന്ന് പറഞ്ഞ പ്രതിബോധവിതീത്തം ഇപ്പൊ അറിയണം അടുത്ത ക്ഷണത്തിൽ അറിയണം അടുത്ത ക്ഷണത്തിൽ ശരണാഗതി എന്ന് പറഞ്ഞാൽ ഞാൻ ശരണാഗതി ചെയ്തു കഴിഞ്ഞു ഇനിയൊന്നും വിഷമം വരില്ല അങ്ങനെയൊരു അവസ്ഥയില്ല ശരണാഗതി ക്ഷണം ക്ഷണം ശരണാഗതിയാണ് വിഷമം ഒരു ഒരു അയ്യങ്കാരളടുത്ത് പറഞ്ഞു വിഷമം അല്ലാത്ത വിഷമം ഭഗവാന് ശരണാഗതി ചെയ്യലല്ലേ നിങ്ങളുടെ ധർമ്മം ശരണാഗതി ശരണാഗതി ചെയ്തു കഴിഞ്ഞ് പോണില്ല എന്നാണ് അവര് പറഞ്ഞ ശരണാഗതി എന്ന് വെച്ചാൽ ഈ അംഗത്തില് ചിഹ്നം ഇട്ടു കഴിഞ്ഞാൽ ശരണാഗതി ആയി എന്നാണ് അതൊന്നും ഉള്ളിലറിയില്ലല്ലോ വെറുതെ ചിഹ്നം ഇട്ടാലായിയോ ശരണാഗതി വിഷമം പോണില്ലെന്ന് പറയുന്ന ആളാരാ അപ്പൊ അതേ ചോദ്യൂ ആരാ ഈ വിഷമം പോണില്ലെന്ന് പറയുന്നത് ഞാൻ ഞാൻ എന്താ ആരാ ഈ വിഷമം പോണില്ലെന്ന് പറഞ്ഞ ഞാൻ ഞാൻ തന്നെ എന്തായി ഞാൻ ശ്രദ്ധിക്കൂ എനിക്ക് വിഷമമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് ശരിക്കും ഏറ്റവും വലിയ ശാരീരികമായ വേദന ഉള്ളപ്പോലും ധൈര്യമുണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ഈ വേദനിക്കുന്നത് ആർക്കാണ് വിഷമിക്കണത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ വേദന ഇറ്റ് വിൽ ബി ഡൈലൂട്ടഡ് എന്നുവച്ചാൽ വേദന മാറുമെന്നല്ല വേദനയുടെ സ്വഭാവം മാറും വിഷമത്തിൻ്റെ സ്വഭാവം മാറും ദുഃഖത്തിന്റെ സ്വഭാവം മാറും അപ്പൊ ഭോക്താവ് ഞാനല്ല അവനാണെന്ന് മനസ്സിലാവും ഭോക്താറം യജ്ഞ തപസാം ജീവിതം യജ്ഞമായിട്ട് തീരും വിഷമം വരുമ്പോ ഉപനിഷത്ത് പറയുന്നത് വലിയ തപസാണ് ജ്ഞാനിക്ക് എന്നാണ് എന്താണെന്ന് വെച്ചാൽ വിഷമിക്കുന്നത് ഞാനല്ല അവനാണ് എന്നിലിരുന്നു കൊണ്ട് നാരായണനാണ് അതാണ് അനുപദം ഇത് പഴകണമെന്നാണ് ഊണ് കഴിക്കുമ്പോ എന്തിനായി പരിശേചനം ഒക്കെ ചെയ്യണത് എന്ന് വെച്ചാൽ ഞാനല്ല ഊണ് കഴിക്കണത് ഉള്ളിലിരുന്ന് വൈശ്വാനരനായ ഭഗവാനാണ് ഊണ് കഴിക്കണത് ഓർമ്മിച്ചോള എന്ത് വിഷയഭോഗം ചെയ്യുമ്പോഴും എന്തൊക്കെ പ്രാരബ്ധപ്പടി എന്തൊക്കെ തലയിലെഴുത്ത് വന്ന് വീണിട്ടുണ്ടോ സുഖം ദുഃഖം വേദന ആദി വ്യാധി ഒക്കെ വരുമ്പോഴും ഓർമിച്ചോള ഭഗവാൻ ഉള്ളിലിരുന്ന് ഇതൊക്കെ അനുഭവിക്കണം ഞാനല്ല ഇത് നല്ല സുഖം വരുമ്പോ മാത്രം പറയാനല്ല അത്യധികം വേദന വരുമ്പോൾ പറയണം ഭഗവാനെ ഞാനല്ല അങ്ങാണ് അങ്ങാണ് അങ്ങാണ് ഞാനില്ല ഞാനില്ല അല്ലാതെ വിഷമം വരണു എനിക്കറിയില്ല എന്നെ കൊണ്ട് ഇതൊന്ന് പുറത്ത് വരാൻ പരിഹാരമില്ല ഈ ശരീരം അങ്ങയുടെയാണ് ഈ മനസ്സങ്ങേടെയാണ് ഈ ഇന്ദ്രിയങ്ങൾ അങ്ങേടെയാണ് ഞാൻ അങ്ങയുടെ ആണ് അവിടുന്നാണ് അനുഭവിക്കുന്നത് വെച്ചാൽ പുറത്ത് അവിടുന്ന് എല്ലാം അവിടെ നിന്നാണ് ഞാനില്ല ഞാനില്ലാതായാൽ അവിടുന്നായി സർവലോകമഹേശ്വരം എപ്പോ ഈ അഹന്ത അടങ്ങണോ അപ്പൊ ആ മഹേശ്വരനെ കാണും ആ സോർസിനെ നമ്മൾ കാണും അടങ്ങിയാലേ അറിയുള്ളൂ അറിഞ്ഞു കഴിഞ്ഞാൽ അടങ്ങണം അടങ്ങിക്കഴിഞ്ഞാൽ അറിയും അറിഞ്ഞാവണം ആ അടക്കം ശരണാഗതി അരുണാചലത്തില് കാർത്തിക ദീപം പോകുമ്പോൾ രമണാശ്രമത്തിന് മുമ്പിൽ വെച്ച് കാ അരുണാചലേശ്വരനെ ദീപാരാധന കാണിച്ച് ആ കർപ്പൂരം തട്ട് ഉള്ളിൽ കൊണ്ടുപോയി മഹർഷിക്ക് കൊണ്ടുപോയി കാണിക്കും അപ്പോൾ ഒരു ദിവസം മഹർഷി അടുത്ത് നിന്ന് അത് ഒഴിയുമ്പോൾ അടുത്തൊരു അമ്മ സൂര്യനാഗമാന്ന് വരാ അമ്മ കേട്ടത് അമ്മ എഴുതി വെച്ചിട്ടുണ്ട് ലെറ്റേഴ്സ് പറഞ്ഞു അരുണാശ്രമത്തിൽ ഇങ്ങനെ ഒഴിയുമ്പോൾ ഭഗവാൻ പറഞ്ഞത് അപ്പ അവക്ക് അടക്കം ഭഗവാൻ അടക്കം എന്നാണ് ആ അടക്കമാണ് ഞാനും ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണെന്ന് വായുകൊണ്ട് പറയാനുള്ളതല്ല ഞാൻ എന്നുള്ള അഹന്ത അടങ്ങിക്കഴിയുമ്പോൾ ഏതൊന്നും അതാണ് ബ്രഹ്മം അതാണ് ഞാൻ അതാണ് ഉണ്മയായ സ്വരൂപം അതിൽ വേദനയില്ല ദുഃഖമില്ല കോൺഫ്ലിക്ട്സ് ഇല്ല അതിൽ ശരീരമില്ല ശരീരമില്ല ദൃഷ്ടാന്തം സുഷുപ്തി തന്നെയാണ് അതിൽ ശരീരമില്ല ബുദ്ധിയില്ല മനസ്സില്ല പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല അത് സ്വയം എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തുന്ന ഒരു സ്ഥാനമാണ് അത് നമ്മളിൽ തന്നെ ഉണ്ടെന്ന് കാണിക്കാനാണ് സുഷുപ്തി അവസ്ഥയെ കാണിച്ചത് അത് ജാഗ്രത അവസ്ഥയിൽ സാധന ധ്യാനം ആത്മവിചാരം ഒക്കെ കൊണ്ട് അതിലേക്ക് പോയി അടങ്ങണമെങ്കിൽ ഈ അഹന്ത അതിൻ്റെ പിറപ്പെടത്തിൽ അടങ്ങണം അടങ്ങിക്കഴിയുമ്പോൾ ധ്യാനം കൊണ്ട് സാധിക്കേണ്ടത് അങ്ങനെ അടങ്ങിയാൽ ഒരു ഫൗണ്ടൻ തുറന്ന പോലെ വെള്ളം പുറത്തേക്ക് വരുന്ന പോലെ ശരണാഗതി ചെയ്താൽ അടുത്ത ക്ഷണം ആത്മജ്ഞാനം ഉണ്ടാവണം ആത്മജ്ഞാനം ഉണ്ടായിട്ടില്ലെങ്കിൽ അയാളെ ശരണാഗതി ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം ശരണാഗതി ചെയ്താണല്ലോ എന്നിട്ടും അവർക്ക് എങ്ങനെ വരണമല്ലോ ചോദിക്കാനോ പാടില്ല ലൈറ്റ് ഇട്ടാൽ അത് കണക്ഷൻ ഉണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് വന്നേ ആകൂ അതേപോലെ സ്വിച്ച് ഇട്ടാൽ വരണം അതുപോലെ ശരണാഗതി ചെയ്താൽ ആത്മനിവേദനം ചെയ്താൽ ആത്മജ്ഞാനം ഉണ്ടാവണം ആത്മജ്ഞാനുണ്ടായാൽ ദുഃഖ വിഘാത ദുഃഖത്തിന് അറുതി ഉണ്ടാവണം വിശ്രാന്തി ഉണ്ടാവണം അതാണ് ഭഗവാൻ ഈ അഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തീർത്തു ഇതിനിടയിൽ ധർമ്മത്തിനെയും ഭക്തിയെയും ഒക്കെ സൂചിപ്പിച്ചു ഈ ആറാം അധ്യായത്തിൽ കർമ്മയോഗത്തിന് ഉപോത്ബലമായിട്ടുള്ള ധ്യാനയോഗത്തിനാണ് ഭഗവാൻ പറയണത് അത് നമ്മൾ നാളെ കാണും നാളെ വൈകിട്ട് കാണാം നാളെ രാവിലെ ഉള്ളത് നാർപ്പത് സ്വാത്മസുഖി എന്ന പേരിൽ ആണ് ഈ പരമ്പര ഈ സ്വാത്മസുഖി വിസ്തരിച്ച ഓരോ പദത്തിന് പദം അർത്ഥം പറഞ്ഞ് വളരെ അധികം ആഴത്തില് വ്യാഖ്യാനം ചെയ്തൊരു ഗ്രന്ഥം ഇപ്പം പ്രകാശനം ചെയ്തിട്ടേ ഉള്ളൂ അത് അത് രാവിലത്തെ പ്രഭാഷണത്തിന് വരണവരത് ഒന്ന് വാങ്ങിവെച്ചാൽ സൗകര്യമാവും മലയാളം വായിക്കാൻ അറിയണവർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്ന് പാരായണത്തിൽ വെക്കുക കുറേ കഴിയുമ്പോൾ തെളിയും ഒറ്റ പുസ്തകം മതിയാവും ഈ ആത്മവിചാരമാർഗം തെളിയാനായിട്ട് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് അവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ നാളെ ഉണ്ടാവും അങ്ങനെ ഇല്ലെങ്കിലും മലയാളം അറിയാത്തവരാണ് വായിക്കാനൊന്നും വയ്യെങ്കിലും കേട്ടാൽ മതി സന്ദർശനം എന്ന് പറഞ്ഞതിന് മുമ്പ് ഇത് പ്രഭാഷണ പരമ്പരയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ഉള്ളത് നാൽപ്പതൊന്ന് മൂലഗ്രന്ഥം തന്നെ എടുത്ത് പറയുകയാണ് ഈ പരമ്പരയിൽ അതാവുമ്പോൾ എനിക്ക് പറയാനൊരു ഒരു റോഡുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് അത് തന്നെ എടുത്തത് അതുകൊണ്ട് നാളെ രാവിലെ കാണാം രാവിലെ ആറര മണിക്ക് കാണാം യ മമാത്മാവസി മേവ തോന്നം മമ കിഞ്ചി അതിഥേം കൂരുമാം തഥൈ ം ആത്മനേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരെ ഹരെ ഹരേ രാമ ഹരെ രാമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ